മണ ഭഗവാൻ സംസ്കൃതത്തില് സ്വയം എഴുതിയിട്ടുള്ള വളരെ കുറച്ച് കൃതികളെ ഉള്ളു അതില് അരുണാചല പഞ്ചരത്നവും ഉപദേശസാരവുമാണ് പ്രസിദ്ധമായിട്ടുള്ളത് അരുണാചല പഞ്ചരത്നം തമിഴിലും ഉണ്ട് സംസ്കൃതത്തിലുമുണ്ട് അതേപോലെ ഉപദേശസാരവും തമിഴിലും ഉണ്ട് സംസ്കൃതത്തിലും ഉണ്ട് ദക്ഷിണാമൂർത്തി സ്തോത്രം എങ്ങനെ ദക്ഷിണാമൂർത്തിയെ സ്തുതിക്കുന്ന പോലെ പേര് കേട്ടാ തോന്നും പക്ഷെ ആ ഒമ്പത് ശ്ലോകങ്ങളും ഉപനിഷത് ബ്രഹ്മസൂത്രം ഭഗവത്ഗീത ഇതിൻറെ ഒക്കെ അടങ്ങിക്കൊണ്ട് സമ്പൂർണമായിട്ടിരിക്കണോ അതുപോലെ ഈ അഞ്ച് ശ്ലോകങ്ങള് അഞ്ച് മന്ത്രം പോലെ അരുണാചലം എന്ന ഭഗവാന്റെ ഈശ്വരന്റെ ഈശ്വര വിഭൂതിയെ വെച്ചുകൊണ്ട് അകമയ്ക്ക് ആത്മസാക്ഷാത്കാരത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന രീതിയിലാണ് ഭക്തിക്ക് എപ്പോഴും പുറമേക്ക് എന്തിനെങ്കിലുമൊക്കെ നമ്മൾ ആശ്രയിക്കും ഭഗവാനെ ഏതെങ്കിലും രൂപത്തിൽ ഭജിച്ചുകൊണ്ടാണ് ഭക്തി ആരംഭിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളൊക്കെ നമ്മളെ ശരീരമായിട്ട് കരുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഭഗവാനും ശരീരം ഉള്ളതായിട്ടേ തോന്നുള്ളൂ സ്വരൂപുദ്ധിർ ജീശ്വരെ ആത്മനി അത്മാതിക പ്രപശ്യേത് സാ ദൃഷ്ടിരേഖ അനവധിർ പൂർണ സന്ദർശനത്തില് ശ്ലോകം സ്വരൂപുദ്ധിർ ജഗതീശ്വരെ സ്വരൂപീ ആത്മനി എത്രകാലം ഞാൻ ശരീരമാണെന്നും പുരുഷനാണെന്നും സ്ത്രീയാണെന്നും ഒക്കെ ധരിച്ചിരിക്കുന്നു അത്രയും കാലം ഈശ്വരനും ആ രീതിയിലാണ് ഭാവന ഭഗവാനെയും അങ്ങനെയാണോ ഭാവന ചെയ്യുന്നത് എന്തൊക്കെ തന്നെ രൂപമില്ല എന്നൊക്കെ നിഷേധിച്ചാൽ എന്തെങ്കിലും ഒരു രൂപത്തിന് ഉണ്ടാക്കി വയ്ക്കും മുസ്ലിംസ് രൂപമില്ലാത്ത ഈശ്വരനെയാണ് ആരാധിക്കണത് എന്ന് പറഞ്ഞാലും അവരൊരു ചന്ദ്രകലയും പള്ളിയുടെ മുകൾ ഭാഗവും ഒക്കെ ഉണ്ടാക്കി ചിത്രം ഉണ്ടാക്കി വെക്കും അതും രൂപമാണ് അപ്പോ രൂപം എവിടെയെങ്കിലുമൊക്കെ മനുഷ്യർ വന്നുപോകും ഭക്തി എപ്പോഴും നമുക്ക് ആദ്യമായിട്ട് ഈശ്വരാനുഭൂതി ഉണ്ടാവുന്നത് എപ്പോഴും ബാഹ്യമായി ഏതെങ്കിലും ഒരു ആശ്രയത്തിനെ പിടിച്ചുകൊണ്ടാണ് അതിനാണ് വിഭൂതി എന്ന് പറയുന്നത് ഭഗവത്ഗീതയിലും ഭഗവാൻ അതിന് വിഭൂതി യോഗം എന്ന് പറഞ്ഞത് പത്താമധ്യായം ഏതെങ്കിലും ഒരു വിഭൂതിയിലൂടെ നമ്മളുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു നിധിയുടെ ഒരു ഇന്റിമേഷൻ നമുക്ക് കിട്ടും പുറത്ത് എന്തെങ്കിലും കാരണമായിട്ട് തീരും ആ കാരണവുമായിട്ട് തീരുന്നതിനോട് പിന്നെ നമുക്ക് വളരെയധികം പ്രതിപത്തി ഉണ്ടാവുകയും ചെയ്യും അത് ഏതെങ്കിലും മൂർത്തിയായിരിക്കാം ഏതെങ്കിലും മന്ത്രമായിരിക്കാം എന്തൊക്കെയാണെങ്കിലും വേണ്ടില്ല അത് ഭക്തിക്ക് മൂലകാരണമായിട്ട് ഭക്തിക്ക് മുഖ്യ ഹേതുവായിട്ട് അവിടെ ഇരിക്കും രമണ ഭഗവാന്റെ ചരിത്രത്തിൽ ഭഗവാൻ രമണ മഹർഷിയുടെ കഥയിൽ മഹർഷിക്ക് അരുണാചലം ആണ് അരുണാചലം ഭൂമിശാസ്ത്രപരമായിട്ട് ജോഗ്രഫിക്കൽ ആയിട്ട് നോക്കിയാൽ ഒരു സ്ഥലത്ത് ഒരു പർവ്വതമാണ് അമ്പലം പോലും അല്ല പോകുന്ന പലരും തെറ്റിദ്ധരിക്കുന്നത് അമ്പലമാണ് അമ്പലത്തിൽ പോയി ക്യൂ നിന്ന് തിരക്ക് പിടിച്ച് തൊഴുതിട്ട് വന്നാലേ ആയുള്ളൂ എന്നൊരു ധാരണ ആളുകൾ കൊണ്ട് അമ്പലം അവിടുത്തെ ലിംഗമേ അല്ല അമ്പലത്തിലുള്ളത് പൂജയ്ക്ക് വേണ്ടി മാത്രം അനേക ലിംഗങ്ങൾ അവിടെ ഉള്ളതുപോലെ അരുണാചലത്തിന്റെ ഒരു പ്രതീകം മാത്രമാണ് അമ്പലത്തിലുള്ള ലിംഗം അഞ്ച് ക്ഷേത്രങ്ങളാണ് പഞ്ചഭൂത ക്ഷേത്രങ്ങൾ ഭൂമി ജലം അഗ്നി വായു ആകാശം മണ്ണുകൊണ്ടുള്ള ലിംഗമാണത്രേ കാഞ്ചീപുരത്തിലുള്ളത് അതുകൊണ്ട് അവിടെ അഭിഷേകമൊന്നുമില്ല ആ ലിംഗത്തിന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ജലലിംഗമാണ് ജംബുകേശ്വരം തിരുച്ചിരാപ്പള്ളിയിൽ നിങ്ങൾക്ക് പോയാൽ വെള്ളം വന്നുകൊണ്ടേയിരിക്കും കാണാം അവിടെ അഗ്നി ലിംഗമാണ് അരുണാചലം അഗ്നി അവിടെ ഉണ്ട് അഗ്നി വായു ആണ് കാളഹസ്തിയിൽ അവിടെ വായുവിന്റെ സാന്നിധ്യം അവർ തന്നെ കാണിച്ചു തരും ആകാശം ആണ് ചിദംബരം ആകാശലിംഗം അടു നടിംഗമില്ല നർത്തനം ചെയ്യുന്ന നടരാജാവാണ് ശിവനാണ് രൂപം അടുത്ത് ചിദംബര ദർശനം എന്ന് പറഞ്ഞ് ഒരു സ്ക്രീൻ ഇട്ടിട്ടുണ്ടാവും അത് തുറന്നു കാണിച്ചു അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഒന്നുമില്ല ആകാശം സ്പേസ് ഈ അഞ്ചു ക്ഷേത്രങ്ങളിൽ അരുണാചലം അഗ്നിക്ഷേത്രമാണ് ഇവിടെ പർവ്വതം തന്നെയാണ് അഗ്നി ലിംഗം ഈ അരുണാചലം എന്ന ഈ ബാഹ്യരൂപത്തിൽ ആവിർഭവിച്ച ഈശ്വര വിഭൂതി അതിനെ ഗ്രഹിച്ചുകൊണ്ടാണ് രമണ മഹർഷി ബാഹ്യലോകത്തിൽ നിന്നതും അരുണാചലത്തിനോടുള്ള ഭക്തിയോടുകൂടിയാണ് രമണഭഗവാൻ മധുരയിൽ നിന്നും തിരുവണ്ണാമലയിലേക്ക് ഓടി വന്നതും തമിഴില് തിരു അണ്ണാമലാണ് അണ്ണാ അണ്ണാന്ന് വെച്ചാൽ എത്തിപ്പിടിക്കുക എത്തിപ്പിടിക്കാൻ പറ്റാത്തത് ആണ് അണ്ണാമ ൊടാൻ പറ്റാത്തത് എന്നർത്ഥത്തിലാണ് അങ്ങനെയാണ് ഒരുപക്ഷെ തമിഴ് ജ്യേഷ്ഠരാതാക്ക അണ്ണാന്ന് ചൊറതും അന്ന അർത്ഥത്തിലാ എടുക്കണം തമ്പിക്ക് വന്ന് തുടരുന്നത് മുടിയ മേലെ വശത്ത് ഇരിക്ക ജ്യേഷ്ഠരാത എന്നുള്ള അർത്ഥത്തിലല്ല വിഷ്ണുവും ബ്രഹ്മാവും രണ്ടു രൂപം ധരിച്ചു മുകളിലും ചുവട്ടിലും പോയി എന്ന് പുരാണ കഥ അടിക്കു പന്നിപ്പോയി നിൻ മുടിക്കൊരന്നവും പറന്ന് അടുത്തുകണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ എടുത്തു നീ വിഴുങ്ങിയെന്ന ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമശിവായ നായകാനമോ നമ ടിക്കു പന്നി പോയി നിൻ മുടിക്കൊരന്നവും പറന്ന് പന്നിയായിട്ടും ഹംസമായിട്ടും വിഷ്ണുവും ബ്രഹ്മാവും അന്വേഷിച്ചു എന്നൊരു പുരാണ കഥ ആ അർത്ഥത്തിലാണ് അണ്ണാമലൈ അതില് ബഹുമാനപൂർവ്വം ശ്രീ എന്നുള്ളതിന്റെ തമിഴ് രൂപം തിരു തിരു അണ്ണാമലൈ അരുണാചലം ആ അരുണാചലം ആണ് രമണ അധ്യാത്മ ജീവിതം എവിടെ ആരംഭിക്കുന്നു എന്ന് ചോദിച്ചാൽ കൃപ എവിടെ എങ്ങനെയാണ് അധ്യാത്മ ജീവിത യാത്ര കൃപയിലാണ് ആത്മാനുഭവം ഈശ്വരാനുഭവം എവിടെ പൂർത്തിയാകുന്നു കൃപയിലാണ് അങ്ങനെയാണെങ്കിൽ ഈ കൃപ എന്ന് വെച്ച് പറഞ്ഞാൽ എന്താ അറിയില്ല ദാറ്റ് ഈസ് ദോൺലി indefinable principle in spiritual life and true spirituality is not definable anything that is defined is defiled ashuddham aakuttu god defined is defiled enoru cholundu eeshwarane nirwachanam cheithal nishedham aaki ashuddham aaki theerthu enartham നിർവചിക്കാൻ പറ്റാത്ത ഒരു പ്രക്രിയ ഒന്നുണ്ടെങ്കിൽ കൃപയാണ് ആ കൃപ എന്തുകൊണ്ട് ഒരാളിൽ വീഴുന്നു എന്നുള്ളതിന് ഉത്തരമേയില്ല ആ കൃപ സിദ്ധാന്തത്തിനെ നമ്മൾ സ്വീകരിച്ചാൽ തന്നെ നമ്മളുടെ അഹങ്കാരത്തിന്റെ സകലവിധമായ പ്രവർത്തനങ്ങളും അസ്തമിച്ചു പോകും നമ്മളുടെ സാമർത്ഥ്യത്തിലുള്ള നമ്മളുടെ വിശ്വാസവും അസ്തമിച്ചു പോവും നമ്മളുടെ സാമർത്ഥ്യം കൊണ്ട് നേടിയെടുക്കാനുള്ള ആ വ്യഗ്രതയും അസ്തമിച്ചു പോകും ആ കൃപയാണ് അധ്യാത്മ ജീവിതത്തിന്റെ ആരംഭം ആ കൃപയാണ് എല്ലാ ഭക്തന്മാരുടെ ജീവിതത്തിലും ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ആദ്യം വന്ന് ദർശനം കൊടുത്ത് തന്നിലേക്ക് വലിക്കുന്നത് ഭാഗവതത്തിൽ ഗോപസ്ത്രീകൾ കൃഷ്ണനെ സ്തുതിക്കുന്നതൊക്കെ കണ്ടാൽ ഈ കൃപ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവും പക്ഷെ അത് ബാഹ്യ സാധാരണ രൂപത്തിലാണ് കൃഷ്ണനെ ഞങ്ങള് ഉപാസന ചെയ്ത് നേടി എന്ന് ഒരിടത്ത് പോലും അവർ പറഞ്ഞില്ല ഗോപികാഗീതത്തിൽ പല സ്ഥലത്തുമായിട്ട് അവർ പറയുന്ന ഒരു പ്രതിഭാസം അവൻ ഞങ്ങളെ ആകർഷിച്ചു ശരിക്കും ഒരു സ്ത്രീ പുരുഷ സംബന്ധം പോലെ ഒരു പുരുഷനും സ്ത്രീയും യൗവനത്തിൽ പരസ്പരം പ്രിയം ഉണ്ടാകുമ്പോ സ്വാതന്ത്ര്യത്തിലല്ല പ്രിയം ഉണ്ടാവണത് ഈ പ്രാകൃതമായ ഒരു കാര്യം പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും അതിനു വ്യാസഭഗവാൻ ആ ഉദാഹരണം എടുത്തിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിലല്ല തീരുമാനിച്ചിട്ടാണോ പ്രിയ ഉണ്ടാവണത് ഉപാസിച്ചിട്ടാണോ പ്രിയ ഉണ്ടാവണത് അതാണോ ഗോപികകൾ പറയുന്നത് പ്രഹസിതം പ്രിയ പ്രേമവീക്ഷണം അവിടുന്ന് ഞങ്ങളെ നോക്കി പ്രഹസിതം ഒന്ന് ചിരിച്ചു പ്രിയത്തോടുകൂടെ ഒന്ന് നോക്കി അതോടുകൂടെ ഞങ്ങള് അശുൽക്കദാസികാഹ കൂലിയില്ലാത്ത ദാസികളായിട്ട് തീർന്നു അശുൽക്കദാസികാഹ ഇതാണ് കൃപ കൃപ എന്താണ് അതീതമായ വസ്തു ഭഗവാൻ അഥവാ ആത്മാ നമുക്ക് ഏതോ ഒരു ഘട്ടത്തിൽ അതിനെന്താ കാരണം എന്ന് ചോദിച്ചാൽ ഋഷികൾ ഒരു കാരണം പറയണത് ജ്ഞാനമുത്പദ്ദ്യ പുംസാം ക്ഷയാപശ കർമ്മണെന്ന് എത്രയോ ജന്മത്തില് ഈ ജീവൻ സുഖ ദുഃഖങ്ങൾ അനുഭവിച്ച് അനുഭവിച്ച് അനുഭവിച്ച് തന്റെ കയ്യിലുള്ള സ്റ്റോക്ക് ഒക്കെ കുറെ തീരുമ്പോ ശുദ്ധമാവുമ്പോ അഹങ്കാരം എന്ന് പറയണ ആ അടപ്പില് ദ്വാരം വീഴുമ്പോ ഡാമിലൊക്കെ എവിടെയെങ്കിലും ദ്വാരം വീണാൽ എന്താവും ഇപ്പൊ മുല്ലപ്പെരിയാറ് അതാണല്ലോ പ്രശ്നം അല്ലെ ഡാമില് ദ്വാരം വീണാൽ എന്താവും ആ ദ്വാരത്തിലൂടെ പതുക്കെ അങ്ങോട്ടുള്ള വെള്ളം തിരിത്തിരി ഇറ്റി വരും ഇങ്ങട് അതുപോലെ നമ്മളുടെ അഹങ്കാരത്തിന്റെ ഡാമിൽ ഇത്തിരി ദ്വാരം വീഴുമ്പോ അപ്പുറത്തുള്ള അനന്തത ഭഗവത് സ്വരൂപത്തിന്റെ ഒരു ഗ്ലിംസ് ഒരു സ്പാർക്ക് ഒരു ഒരു ചെറിയ ഒരു വെട്ട് ആ വെട്ട് ഈ ജീവന് കിട്ടുന്നു ആ സ്പാർക്ക് ഈ ജീവന് കിട്ടുന്നതിന് കൃപ അപ്പോ അത് പൂർണമായില്ല അതിനാണ് കരുണ എന്ന് പറയണത് കൃപ എന്ന് പറയണത് എന്താന്ന് വെച്ചാൽ ഞാനൊന്നും ഇതിനൊന്നും ചെയ്തില്ലല്ലോന്ന് തോന്നുന്നു യാതൊന്നും ഞാൻ ചെയ്തില്ല ഞാൻ അങ്ങോട്ടൊന്നും കൊടുത്തിട്ടില്ല ഇങ്ങട് വലുവേ വന്ന് ആക്രമ്യ ആക്രമിച്ചു പിടിക്കുക അവിടെ നമ്മളുടെ ശരണാഗതി സിദ്ധാന്തം പോലും തവിടുപൊടിയായി പോകും എന്താന്ന് വെച്ചാൽ ശരണാഗതി ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ ചെയ്യുന്ന ഒരാളൊക്കെ ഉണ്ടേ ശരണാഗതി ചെയ്യുകയല്ല ചെയ്യിപ്പിക്കുക എവിടെ പ്രിയമുണ്ടോ എവിടെ നമുക്ക് സംരക്ഷണമുണ്ടോ എവിടെ ആനന്ദമുണ്ടോ അവിടെ നമ്മൾ വീണുപോകും എവിടെ പ്രിയം സംരക്ഷണം ആനന്ദം ഇത് മൂന്നും ഭഗവാന്റെ സ്വരൂപമാണ് സത്സി ആനന്ദം എന്നുള്ളതിന്റെ വേറെ ഒരു രൂപമാണത് പ്രിയം സംരക്ഷണം ആനന്ദം നമ്മൾ അറിയാതെ ഈ മൂന്നിനും ലോക ജീവിതത്തിലൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഭർത്താവിൻ്റെ അടുത്തും ഭാര്യയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ബാങ്ക് ഡെപ്പോസിറ്റിലും ഗവൺമെന്റിലും ഒക്കെ ഇതിനുള്ള അന്വേഷണമാണ് സംരക്ഷണം എവിടെ കിട്ടുവോ അവിടെ നമ്മൾ ഓട്ടിക്കൊള്ളും പ്രിയം എവിടെ കിട്ടുവോ അവിടെ നമ്മൾ ഓട്ടിക്കൊളും സുഖം എവിടെ കിട്ടുവോ അവിടെ നമ്മൾ ഓട്ടിക്കൊള്ളും ഈ മൂന്നും കൂടെ ലോകത്തിൽ അവസാന എല്ലാ കൊണ്ടും പറ്റിക്കപ്പെട്ടിട്ട് ഒരിടത്തും കിട്ടില്ലെന്ന് അറിഞ്ഞ് അവസാനം പ്രിയവും സംരക്ഷണവും ആനന്ദവും ഭഗവാനിൽ കണ്ടെത്തുന്ന ജീവൻ അവിടെ ശരണാഗതി ചെയ്യും നാച്ചുറലാണ് അവിടെ നിന്നുള്ള ആ ഒരു വെളിച്ചം കണ്ട ജീവൻ ആ വെളിച്ചത്തിനെയാണ് കരുണ എന്ന് വിളിക്കുന്നത് കൃപ എന്ന് വിളിക്കണത് ഭഗവാന്റെ കൃപ എന്ന് വിളിക്കുന്നത് ആ കൃപയില്ലെങ്കിൽ ഞാൻ എങ്ങനെ കരയറും എനിക്ക് എവിടെ വഴിയുണ്ട് അനുഭവിച്ച ഭക്തന്മാരൊക്കെ ഒരേപോലെ കോപ്പി അടിച്ച പോലെ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു യോഗ്യതയുമില്ലല്ലോ ഞാൻ എന്ത് തപസ് ചെയ്തിട്ടാണ് അവിടുന്ന് എന്നെ പിടിച്ചെടുത്തത് മാണിക്യവാചകർ എന്ന് ഭക്തൻ തിരുവാചകം എന്ന് തമിഴിൽ ഒരു കൃതിയുണ്ട് ഒരു ചൊല്ലുമുണ്ട് തമിഴില് എന്താ ചൊല്ലെന്ന് തിരുവാചകം കേട്ടിട്ട് ഹൃദയവും ഒരുകാത്തവൻ വേറെ ഒരു വാചകത്തിനും ഒരുകില്ല എന്നാണ് തിരുവാചകത്തുക്ക് ഉരുകാതൂർ ഒരു വാചകത്തുക്കും ഉരുകാറുന്നു തിരുവാചകത്തിൽ സ്വാമികൾ പറഞ്ഞത് ഞാൻ ഒരു തപസ്സും ചെയ്തില്ലല്ലോ ഞാൻ ഈ ലോകത്തിൽ പരമലൗകികനായി കള്ളവും പറഞ്ഞു വ്യാപാര ബുദ്ധിയോടുകൂടെ എനിക്കെന്ത് കിട്ടുമോ എന്ന് പറഞ്ഞ് അലഞ്ഞു നടന്ന എന്നെ വേദം മുഴുവൻ തെരയുന്ന ആ പൊരുൾ വലുവേ വന്ന് നടുവിൽ പിടിച്ച് നിർത്തി ലോകത്തിലേക്ക് പോകുന്നത് തടസ്സം ചെയ്ത് അടിച്ചടിച്ച് എന്റെ മനസ്സ് അന്തർമുഖമാക്കി തീർത്ത് വശം തെന്ന് അഡിക്റ്റഡ് ആയിപ്പോയിട്ടുള്ള എനിക്ക് അമൃതം പോലെയുള്ള തന്റെ അനുഭൂതി തീറ്റിച്ച് തന്നെ എന്നെ തന്റെ കൈവശപ്പെടുത്തിയാ അത്യാശ്ചര്യത്തിനെ എങ്ങനെ പറയും ൊയ്യനെ പല ചെയ്ത് നും കടിത്തവായിലേ മുൻവിനൈമിക്കഴറിയേ തിരിവേനൈ ഈ ലോകത്തിൽ എന്തുകൊണ്ട് തിരിഞ്ഞു വെച്ചാൽ മുൻവിനൈമിക്ക കഴറിയേ തിരുവേനൈ പ്രാരബ്ദം ഞാൻ വേണമെന്ന് വെച്ച് തിരിഞ്ഞതല്ല പക്ഷെ പ്രാരബ്ദം എത്രയോ ജന്മങ്ങളിൽ ആർദിച്ച സ്വഭാവം പിടിച്ചിട്ട് നിൽക്കണില്ല അതെന്നെ ലോകത്തിൽ വലിച്ചോണ്ട് പോണു പലരും ചെയ്യിപ്പിക്കുമ്പോ മുൻ വിനൈമിക്ക കഴറിയെ തിരിവേനൈ പിടിത്തു മുൻനിർ പിടിച്ചു നിർത്തി അല്ലേ ഇറക്കത്തില്ലേ മല ഇറങ്ങുമ്പോ ചെലപ്പോ ബാലൻസ് വിട്ടുപോകും പിന്നെ നമ്മൾ പോണമെന്ന് വിചാരിച്ചിട്ടല്ല പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ട് നിർക്കില്ല ആരോ ഒരാള് പിടിക്കുമ്പോ ആ പിടിക്കലാണ് കൃപ പിടി മുൻ നിരുമറൈ തേടിയ അറുംപൊരു വേദം അന്വേഷിക്കുന്ന ആ വസ്തു ഭഗവാൻ വേറെ രൂപമൊന്നും അദ്ദേഹം പറഞ്ഞില്ല പെരുമറി തേടിയ അറും പൊരുൾ അടിയേന അടിത്ത് അടി ചിലപ്പോ കുട്ടികളെ പറഞ്ഞാൽ കേൾക്കില്ല വിളിച്ചാ വീട്ടിലേക്ക് വരില്ല തെരുവിൽ പോയി തോന്നിയാവാസം കാണിച്ച് നടന്നാൽ അമ്മ എന്തിയും വിളിച്ചു നോക്കും വിളിച്ചിട്ട് വരണില്ലെങ്കിൽ പോയി കൈ പിടിച്ചു വലിക്കും അപ്പോഴും വരുന്നില്ലെങ്കിൽ നാലു കൊടുക്കും ആ കൊടുക്കണത് എന്താ കൃപയാണ് അടിത്ത് അടിത്ത് ഊണ് കഴിക്കില്ലെങ്കിൽ എന്തു ചെയ്യും തീറ്റ അല്ലെ അക്കാരം മുൻ തീറ്റിയ അദ്ഭുതം അരിയേനെ അക്കാരം എന്ന് വെച്ചാൽ കൽക്കണ്ട് മധുരവസ്തു മധുരത്തിനെ തീറ്റിക്കണോ ചിലപ്പോ നല്ല നല്ല വസ്തു ഒന്നും ചെലപ്പോ പിടിക്കില്ല ഒരു ചൊല്ലുണ്ട് തമിഴിലെ ഒരു ചൊല്ലു അമേന മല നല്ലതിന് ആയിക്കു അത് ചൊല്ലും തെരുക്കടായി പോൽ തേർന്നതേ തേർന്നതേ തേർന്ന് കടയായി കിടന്ന അടിയേർക്ക് തായ് ചിന്താന തത്വനേ ശിവപുരാണത്തെ തന്നെ ഉള്ള പാട്ടാണ് നായർ കടയായി കിടന്ന അടിയേർക്ക് തായ് ദയാവാന തവനേ നായ് എന്ത് ചെയ്യണെന്ന് വെച്ചാ തെരുവിൽ ഇങ്ങനെ അവ എന്തൊക്കെ വഴിയിൽ തിന്നാൻ കിട്ടണ സാധനം ഒക്കെ തിന്നും ഇന്നതൊന്നൊന്നും ഇല്ല അതിന് മലം തൊട്ട് മഹാനി വേദ്യം വരെ നക്കും എന്താ കിട്ടിയതെന്ന് വെച്ചാൽ അതൊക്കെ നക്കുകയോളും അതിനൊരു വിധി നിഷേധം ഇല്ല അതാണ് തെരുക്കടയിനായി പോൽ തേർന്തതേ തേർന്തതേ തേർന്ത് അങ്ങനെ നായിനേക്കാളും മോശമായിട്ട് നടന്നതന്നെ തായി ചിരന്ത ദയാവാന തത്വനെ ഒരു അമ്മയെക്കാളും ഉയർന്ന കരുണ ഭഗവാൻ അമ്മ എന്ത് ചെയ്യണു പിടിച്ചു വലിച്ചുകൊണ്ട് നാലു കൊടുത്തിട്ട് വേണ്ടത് കൊടുക്കണ പോലെ തന്നെ തന്റെ കൈവശം കൊണ്ടുവന്ന് സത്യാനുഭവത്തിനെ കൊടുക്കലുണ്ടല്ലോ ആ കൊടുക്കുന്നതിനാണ് കൃപ എന്ന് പേര് കൊടുത്തിട്ട് വിട്ടാക്കും അപ്പോഴാണ് വിരഹം വരുന്നത് കൊടുത്ത് പൂർണമാവില്ല കൊടുത്തിട്ട് പിന്നെ വിട്ടാക്കും പിന്നെ ശരിക്കും ശരിയായ പ്രോസസ്സിൽ വരണം ഒരാചാര്യൻ പറഞ്ഞു ഇത് എന്താ പാസ്പോർട്ട് വിസയൊന്നും ഇല്ലാതെ ഒരു ഫോറിൻ കൺട്രിയിലേക്ക് പോണ പോലെയാണെന്നാണ് ഈ കൃപ കൊണ്ട് ഭഗവത് അനുഭവം ഉണ്ടാക്കി കൊടുക്കുന്നത് അതുപോലെയാണ് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിടിച്ച് പുറത്ത് തള്ളും യു ഹാവ് ടു ഗോ ത്രൂ റൈറ്റ് പ്രോസസ് പക്ഷെ ആദ്യം കാണിച്ചു തരുന്നതുണ്ടല്ലോ രാമകൃഷ്ണ പരമഹംസർ പരവും ചില ചെടികളൊക്കെ ആദ്യം പഴം ഉണ്ടാവും പിന്നെയാണ് പൂക്കുക എന്നാണ് ചിലതിലൊക്കെ ആദ്യ അനുഭൂതി ഉണ്ടാവും പിന്നെയാണ് സാധനയും ഭജനയും ഭക്തിയും ഒക്കെ ആദ്യ ഒരു അനുഭൂതിയുടെ ഒരു ഒരു ഗ്ലിംസ് അത് കൊടുത്തിട്ടാണ് പിന്നെ അതിന്റെ ടേസ്റ്റ് കിട്ടിയല്ലോ ഇനി ശരിയായ വഴിക്ക് വരൂ ശരിയായ രീതിയിൽ വരൂ അപ്പൊ ആദ്യം കൊടുക്കുന്ന ആ ഭഗവത് അനുഭവത്തിന്റെ ഒരു വിദൂര ദർശനം ആ വിദൂര ദർശനമാണ് കൃപ കരുണാ എന്നൊക്കെ പറയണത് രമണ ഭഗവാന് തന്നെ അരുണാചല പതിക്കത്തിലെ പാടുന്നുണ്ട് കരുണയൽ എന ആണ്ടി കാക്ഷിതന് അരുളിലെ ഏറ്റാൽ ഇരുണലീ ഉലിൽ എങ്കിയേ പത ഉടൽ വിടൽ എൻ അരുണനെ കാണാതോ കമലം അരുണനു പെരുകി കൃപ കൊണ്ട് അവിടുന്ന് എന്നെ ആൾക്കൊള്ളുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം ലോകത്തിൽ പെട്ടുപോവാതെ എന്നെ പിടിച്ചു അനുഭൂതി തന്ന അവിടുന്ന് തന്നെ അരുളിലെങ്കിൽ ഇപ്പോ ആൾക്കൊള്ളുമ്പോ തന്നെ ഒരു കാഴ്ച കാഴ്ച കൊടുത്തു കഴിഞ്ഞു ദർശനം കൊടുത്തു കഴിഞ്ഞു പക്ഷെ അത് പൂർണ്ണമായില്ല ഇനി പൂർണമായ ആ അനുഭൂതിയിൽ ഇരുത്താതെ നല്ല ഒരു ഉയർന്ന ഒരു മണ്ഡലം കാണിച്ചു തന്ന് വീണ്ടും ഈ സാധാരണ തലത്തിൽ കൊണ്ടുവന്ന് ഇടുമ്പോ ഇരുനലി ഉലകിൽ എങ്കിയെ പതയ്ത്ത് ഈ ഉടൽവിടൽ എൻ എന്നാം ഈ ഇരുട്ട് നിറഞ്ഞ ഈ ലോകത്തിൽ തന്നെ ശരീരത്തിന് ഞാനെന്ന് ധരിച്ച് അജ്ഞാനത്തിൽ രമിച്ചുകൊണ്ട് ഞാൻ ഈ അവസാനം ഈ ദേഹം വിടേണ്ടി വന്നാൽ ഭഗവാനെ എന്റെ ഗതി എന്താവും ഹൃദയ താമര വിരിയട്ടെ ഹൃദയ കമലം വിരിയട്ടെ അപ്പോ ആത്മാനുഭവം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അരുണനെ കാണാതലൊരുമോ കമലം സൂര്യൻ താമര വിരിയണമെങ്കിൽ സൂര്യൻ ഉദിക്കണം അരുണോദയം സൂര്യൻ അരുണകിരണങ്ങൾ കൊണ്ട് എന്താ സ്വർണവർണത്തിൽ സൂര്യൻ ഉദിച്ചു വരുമ്പോഴാണ് താമര വിരിയ അവിടുത്തെ ആ കിരണം സ്പർശിക്കാതെ ഹൃദയ താമര എങ്ങനെ വിരിയും അരുണനെ കാണാതലറുമോ കമലം അപ്പൊ അരുണൻ ആരാണ് അരുണനുക്കും സൂര്യനും സൂര്യനാണ് അവിടെ സൂര്യോ ഭാത്തിന ചന്ദ്ര നേമാവിദ്യു ഭാതി കുയം അഗ്നി തമേവ അനുഭാതി സർവം തസ്യാസാ പ്രകാശം കൊണ്ടാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ പ്രകാശിക്കുന്നത് അങ്ങനെയുള്ള പരമപ്രകാശമായ അവിടുത്തെ കിരണം സ്പർശിച്ചാലല്ലാതെ ഹൃദയ തമരവിരി അരുണലി ശുരന്ദങ്ക് അരുവിയായി പെരുകും ആ ആത്മാനുഭവ രസം തിമിർത്ത് നിൽക്കുകയാണ് അരുവിയായി പെരുകും അരുണമാമലയനും അൻപേ മല പോലെ ഇരിക്കണു കാണുമ്പോ രാമൺ ഭഗവാൻ പറയണത് ഇത് മലയല്ല ഹൃദയമില്ലാത്തവർക്ക് യു മേ അപ്യർ ആസ് എ സോളിഡ് മൗണ്ടെ എനിക്ക് തോന്നുന്നു അരുവിയായി പെരുകും ഒരു നദി ആ നദിയിൽ ഫ്ലഡ് വരുമ്പോ നദി എങ്ങനെ ഒഴുകുവോ അതുപോലെ ഒഴുകുകയാണ് അത്ര എന്താണോ ഒഴുകണത് എന്ന് വെച്ചാൽ അരുൾ കൃപ കൃപ അമൃതാനുഭവം അമൃതാനുഭൂതി പൊന്തി വഴിഞ്ഞ് അരുവിയായി പെരുകും അരുണമാമലയനും അപ്പൊ എന്താ ഈ ഖനീഭവിച്ചിരിക്കണത് വെള്ളം എന്തിനാ ഇവിടെ കട്ട മലയായിട്ട് നിൽക്കുന്നത് അൻപേ പ്രിയം പ്രേമം കൊണ്ട് ജലമൈസായിട്ട് തീരുന്ന പോലെ കൃപാപ്രവാഹം പർവത രൂപത്തിൽ ഖനി ഭവിച്ച് നിൽക്കുന്നു ഭഗവാൻ ഖനീഭവിച്ചാൽ ഭക്തന്റെ ഹൃദയം ഉരുകണം അവിടുന്ന് ഖനീഭവിച്ച് നിൽക്കണു എന്റെ മുമ്പിൽ അൻപുരു അരുണാചല അഴന്മെഴുക ഉരുഗും അൻപിലിന കുൻ അൻപിനെ അരുളാത് ആണ്ടനെ അഴിത്തിടൽ അഴകോ അൻപേ സ്വരൂപമായി പ്രിയമേ സ്വരൂപമായിട്ടുള്ള അരുണാചല എനിക്ക് പ്രിയമില്ല എന്റെ ഉള്ളില് അൻപുരു അരുണാചല അഴൻമെഴായി എന്നുവച്ചാൽ തീയിലിട്ട മെഴുകെങ്ങനെ ഉരുക അതുപോലെ അകത്തുനൈ നൈന്ത് നൈന്ത് ഉറുകും അൻപിലിയനക്കുൻ ഭഗവാനെ സ്മരിച്ച് ഉരുകി ഉരുകി ഉരുകി ഇല്ലാതാവുന്ന ഒരു പ്രിയം ഇല്ലാത്ത എനിക്ക് അൻപിനെ അരുളാതെ ആണ്ടനെ അഴിത്തിടൽ അഴകവും ആ ഭക്തിയെ ആ പ്രേമഭക്തി തന്നെ എന്നെ ഒരുക്കിയെടുക്കാതെ എന്നെ ഇങ്ങനെ സ്ഥൂലമായി നിർത്തി ലോകവസ്തുക്കളൊക്കെ വാസ്തവം എന്ന് ധരിച്ച് നിർത്തി ഈ ജഡപപ്രപഞ്ചത്തിൽ ഭൗതിക പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളിലൊക്കെ എന്നെ പിടിച്ച് കെട്ടിയിട്ട് ഒന്നിനും കൊള്ളാതാക്കി എന്നെ നശിപ്പിച്ചിടുന്നത് നശിപ്പിക്കുന്നത് അവിടുത്തെ കൃപക്ക് ചേരുവോ ആണ്ടനെ അഴിത്തിടൽ അഴകോ അൻപുരു പ്രേമേ സ്വരൂപം അൻപുരു അരുണാചല അഴന്മെഴുകായ് അകത്തുണൈ നൈത് നൈതുരുകും അൻപിലിയനു അൻപിനെ അരുളാത് ആണ്ടനെ അഴിത്തിടൽ അഴകോ അൻപിനിൽ വിളയും ഇൻപമേ അൻപകത്തിനിൽ ഊറും ആർ അമു എന്ന പുളിടം ഇഷ്ടം ഇൻപതർക്ക് ഉയർ ഇരയേ അൻപിൽ വിളയും ഇൻപമേ ഇതൊക്കെ ഞാൻ അനുഭവിക്കുന്ന പോലെ കിട്ടണ്ടോ എന്ന് എനിക്ക് സംശയമാണ് അൻപിനിൽ വിളയും ഇൻപമേയും അൻപത് പ്രിയം പ്രിയത്തിൽ ഒരാനന്ദ ആനന്ദമാണ് ഭഗവാന്റെ സ്വരൂപം എന്നാണ് അതെന്തിനോടുള്ള പ്രിയമാണെങ്കിലും പ്രിയപ്പെടുന്ന വസ്തുവിനോടുള്ള പ്രിയം ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ ആ പ്രിയത്തിൽ ഭഗവാൻ കലർന്നിരിക്കുന്നുണ്ട് ഈശ്വരാനുഭൂതി കലർന്നിരിക്കുന്നുണ്ട് അൻപിനിൽ വിളയും ഇൻപമേയും അൻപർ അകത്തിനിൽ ഊറും ആറമുതേ ഭക്തന്മാരുടെ ഹൃദയത്തില് ഊറ ഊറി ഊറി ഊറി വരുന്ന ഒരിക്കലും വറ്റാത്ത അമൃതമേ എൻപുകളുടെ ഞാൻ അവങ്ങയെ എങ്ങനെ സ്തുതിക്കും എന്തു പറയും ഉൻ എന്നിഷ്ടം ഇനിയിപ്പോ യാതൊന്നും ഞാൻ ചോദിക്കണില്ല യാതൊരു ആഗ്രഹവും പ്രാർത്ഥനയും എനിക്കില്ല ഉൻ ഇഷ്ടം എന്നിഷ്ടം അങ്ങയുടെ ഇൽ ബി ഡിഷ്ടം ജീവിതം മുഴുവൻ ഇതിനെ ഈ ഒരു വാക്കിനെ പിടിച്ചാലും നമ്മുടെ ജീവിതം പൂർണ്ണമായി പോകും എന്തൊക്കെ നടന്നാലും ചെറിയ ചെറിയ കാര്യം ബസ് സ്റ്റാൻഡിൽ പോയി നിക്കുന്നു ബസ് വന്നിട്ടില്ലെങ്കിലോ ഭഗവാന്റെ ഇഷ്ടം ബസ് പോയാലോ ഭഗവാന്റെ ഇഷ്ടം സമയത്തിന് ഊണ് കിട്ടിയിട്ടില്ലെങ്കിലോ ഭഗവാന്റെ ഇഷ്ടം സാധിക്കുമെങ്കിൽ ഈ ഒരേ ഒരു മന്ത്രം കൊണ്ട് അഹങ്കാരമില്ലാതായി പോകും ഈശ്വരാനുഭൂതി ഉണ്ടായി പോകും എന്റെ ഇഷ്ടമേ ഇല്ല അവിടെ എന്തൊക്കെ നടന്നാലും എത്ര നല്ലത് നടന്നാലും ചീത്ത നടന്നാല് ഹിസ്വിൽ ഉൻ ഇഷ്ടം എന്നിഷ്ടം എന്റെ ഇഷ്ടമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഉള്ളില് പക്ഷെ എന്ത് നടക്കുന്നുവോ അത് ഭഗവാന്റെ ഇച്ഛയാണെന്നും അതിനെ സ്വീകരിക്കുക ആണ് ദാസന്റെ ജോലി എനിക്കെന്ത് നല്ലത് എന്നുള്ളത് ഭഗവാനെ അറിയുള്ളൂ എനിക്കറിയില്ല അങ്ങനെ ശരണാഗതി ചെയ്താൽ അഹങ്കാരമില്ലാതായിട്ട് എത്തും ഈ പാട്ടിൽ കാണാം ആ ഭഗവാൻ ഈ ജീവനെ പിടിച്ച് തന്റെ വശപ്പെടുത്തുന്നത് ബ്രഹ്മാനുഭവത്തിന്റെ ആദ്യ വെള്ളികീർ ഉള്ളിൽ ഏർപ്പെടുമ്പോ ഈ ജീവൻ ഉണ്ടാവുന്ന അനുഭൂതി ഒരുപക്ഷെ അതിനെ ചിന്തിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ ഊരുകിക്കൊണ്ടേ ഇരുന്നാലേ കാര്യം നടന്നു പോകും കരുണ ആ കൃപ ഭഗവാൻ ചെയ്ത കൃപ ഇവിടെയും ഈ അരുണാചല പഞ്ചരത്നത്തിലും ഭഗവാൻ ആരംഭിക്കുന്നത് കരുണ എന്ന വാക്കുകൊണ്ടാണ് കരുണ എന്ന് സംസ്കൃതത്തിൽ പദം അതിൽ അല്പം തെറ്റിദ്ധാരണ ഉണ്ടാവും ദയ ആണെന്ന് തോന്നും അത് ആ തെറ്റിദ്ധാരണ നീക്കാനായിട്ട് ഭഗവാൻ തമിഴിൽ അതിനെ ആക്കിയപ്പോ അരുൾ നിറൈവ അമുതക്കടലേ വിരികതിരാൽ യാവും വിഴുങ്ങും അരുണഗിരി പരമാത്മാവേപ്പൂവായ് വിരിപരിധിയാക വിളങ് കരുണാപൂർണസുധാബ്ധേ കബളിതഘനവിശ്വരൂപ കിരണാവല്യാ അരുണാചല പരമാത്മൻ അരുണോഭവ ചിത്ത കഞ്ച സുവികാസായ ഇതാണ് ആദ്യത്തെ മന്ത്രം കരുണാപൂർണ സുധാപ്ത അരുൾ നിറൈവാന അമുതക്കടലേ ഇതാണ് തമിഴ് കരുണ എന്നുള്ളതിന് തമിഴ് ഭഗവാൻ കൊണ്ടുവന്നപ്പോ അരുൾ എന്ന വാക്കാണ് കൃപ ഗ്രേസ് അരുൾ നിറൈവാന അമുതക്കടലേ അമൃത സമുദ്രം അതിനൊരു പാരമില്ല എന്നർത്ഥം അവധിയില്ല എന്നർത്ഥം അരുൾ നിറൈവാന അമുതക്കടലേ ഇതിൽ ഉപമയിൽ കുറച്ച് ഒരു കൂട്ടിക്കലർത്തലൊക്കുണ്ട് അടുത്ത ക്ഷണം ഭഗവാൻ പറയുന്ന സൂര്യനോടാണ് ഉപമിക്കുന്നത് കരുണാപൂർണ സുതാപ്ത ഘനവിശ്വരൂപ ൂർണ സമൃദ്ധൂർ അനുക്കംമഹമജം തമ നാശയാത്മഭാവസ്ഥോ ജ്ഞാനീപേന ഭാസ്വത ഭഗവത്ഗീത ആരാണോ എന്നെ പ്രീതിയോടുകൂടെ ഭജിക്കുന്നത് ആ ഭജിക്കുന്നവരോടുള്ള കൃപയാൽ അവരുടെ ഉള്ളിലുള്ള അജ്ഞാനത്തിന് മുഴുവൻ ഞാൻ നീക്കും ആവരണത്തിനെ നീക്കും അവര് നിരാവരണ ദൃഷ്ടികളായിട്ട് തീരും അവരുടെ ഉള്ളിൽ ജ്ഞാനദീപം തെളിയും ജ്ഞാനാനുഭവം ഉണ്ടാകും ആത്മാനുഭവം ഉണ്ടാകും അവർക്ക് എന്ന് ഗീതയിൽ ഭഗവാൻ പറയണം അകമയിൽ നിന്നും അജ്ഞാനത്തിനെ നീക്കുന്നത് അനുകമ്പയാ കൃപയാ ആ അനുകമ്പ ഉണ്ടായതിന്റെ ഇമ്പാക്ട് അതിന്റെ ഇമ്പാക്റ്റാണ് ഈ ഭക്തി എപ്പോഴും ഭക്തിക്ക് അതേ അർത്ഥമുള്ളൂ ഭക്തിക്ക് വേറെ ഒരു അർത്ഥവും ഇല്ല നമ്മള് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതും പേടിച്ചിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതും എന്തെങ്കിലും ചോദിച്ചു ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതും സാധാരണ ഒരു വികാരം മാത്രമാണ് ആധ്യാത്മികമായിട്ട് നോക്കിയാൽ കുറച്ച് ക്രാന്ത ദർശിത്വമുള്ള ആൾക്കും മനസ്സിലാവും അതിനൊക്കെ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നവർക്ക് അതൊക്കെ കൊടുക്കാൻ ശക്തിയുള്ള ഒരു മനുഷ്യനെ കിട്ടിയാൽ ഭഗവാനൊന്നും വേണ്ട അവർക്ക് തൽക്കാലത്തിന് ഒരു വികാരത്തിന് ഹോൾഡ് ചെയ്യാൻ എവിടെങ്കിലുമൊക്കെ വേണം അതിനു വേണ്ടി വിശ്വാസം കൊണ്ട് ഒരു ഭഗവാനെ വെച്ച് ഒരു സമാധാനത്തിന് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ചെന്താ യതീശ്വരാനന്ദ സ്വാമി എന്ന് പറഞ്ഞൊരു രാമകൃഷ്ണ മിഷന്റെ ഒരു സ്വാമി ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു ഉദാഹരണം പറയും ഒരാൾക്ക് മദ്യപിച്ചു കഴിഞ്ഞാൽ ഭ്രമം ഉണ്ടാവും എന്താ ഭ്രമംന്ന് വെച്ചാൽ വഴിയിലൊക്കെ പാമ്പ് കിടക്കണതായിട്ട് അവസാനം അയാളുടെ ഒരു നിവൃത്തി ഇല്ലാതായപ്പോ അയാള് ഒരു സൈക്കാട്രിസ്റ്റിന് അടുത്ത് പോയി എനിക്ക് ഇങ്ങനെ ഇത്തിരി മദ്യപിച്ചു കഴിഞ്ഞാൽ വഴിയിലൊക്കെ പാമ്പ് കിടക്കണതായിട്ട് തോന്നണമെന്നാണ് ശരിയൊരു കാര്യം ചെയ്യൂ ഞാനൊരു പെട്ടി തരാം ആ പെട്ടിയിൽ കീരി ഉണ്ട് അപ്പൊ പാമ്പ് കിടക്കണതായിട്ട് തോന്നിയാൽ കയ്യിൽ കീരി ഉണ്ടോ ഓർമ്മിച്ചോളൂ ആ പാമ്പ് അടുത്ത് വരണമെന്ന് തോന്നി പെട്ടി തുറന്നാ എന്ന് പറഞ്ഞ് പെട്ടി കൊടുത്തു അപ്പൊ ഇയാൾ ഈ പെട്ടിയും കൊണ്ട് കുറച്ചു ദൂരം പുറത്തുപോയിട്ട് വന്നിട്ട് പറഞ്ഞു അതേ വെറുതെ ഞാൻ എന്തിനാ ഈ പെട്ടി പൊക്കിക്കൊണ്ട് പോണത് പാമ്പ് വരണോന്നുള്ളത് ഒരു തോന്നൽ അല്ലേ ആ തോന്നലിന് ഞാൻ ഇപ്പൊ പെട്ടിയിലെ കീരിയും കൊണ്ട് നടക്കണോ ഈ കീരിയും അതുപോലെ തന്നെയാണ് ഒരു തോന്നൽ മാത്രമാണ് ഒരു തോന്നലിനെ ജയിക്കാൻ മറ്റൊരു തോന്നൽ അത്രയേ ഉള്ളൂ അതുപോലെ സാധാരണ മനുഷ്യന്റെ ഭക്തിയും പലപ്പോഴും അങ്ങനെയാണ് അവന് വേറെ ആരെങ്കിലും ഒക്കെ സപ്പോർട്ട് കിട്ടിയാൽ ഭഗവാനൊന്നും വേണ്ട തന്റെ തത്കാല ആവശ്യത്തിന് വേണ്ടി പിടിച്ചുകൊണ്ടിരിക്കുക പക്ഷെ മഹാത്മാക്കളുടെ ഭക്തി മറ്റൊന്നാണ് അവരുടെ ഭക്തി നമ്മൾ വിചാരിക്കുന്ന പോലെ ഉള്ള മാനസികമായ ഒരു വികാരമേ അല്ല മനസ്സുകൊണ്ടുള്ള ഒരു പ്രക്രിയയെ അല്ലാതെ അവരെ ഭഗവാൻ ആകർഷിക്കുകയും വേറൊരു ഈ ശൃംഗാര ഭാവത്തിലെ തന്നെ രാമലിംഗ സ്വാമികൾ പാടുന്നുണ്ട് നടരാജാവിനെ കണ്ടു അത്ര അദ്ദേഹം എപ്പോഴാ നടരാജാവിനെ കാണണമെന്ന് വെച്ചാൽ ഒരു വയസ്സ് കുട്ടിയായിരിക്കുമ്പം ചിദംബരത്തിലേക്ക് അമ്മയും അച്ഛനും ഒക്കത്ത് വെച്ച് കൊണ്ടുപോയി കൊണ്ടുപോയി നടരാജാവിന്റെ മുമ്പിൽ നിർത്തിയപ്പോട്ടി അച്ഛന്റെ ഒക്കത്തിരിക്കുന്ന കുട്ടി അങ്ങനെ തുള്ളി നടരാജാവിനെ കണ്ടിട്ട് ആന എന്തോ ആശ്ചര്യത്തിനെ കണ്ട പോലെ നടരാജാവിനെ കണ്ട് ഒക്കത്തിരിക്കുന്ന കുട്ടിയൊന്നു തുള്ളി ഇത് സ്വാമികൾ പിന്നാലെ പാടുന്നുണ്ട് അവൻ നർത്തനം ചെയ്യുന്ന കോലം ഞാൻ കണ്ടു അമ്പലത്തിൽ ആട് കിൻ്റാർ പാങ്കിമാറി സഖികളോട് പറയുന്ന രീതിയിലാ ഒരു സ്ത്രീ യുവതി സഖികളോട് പറയുന്ന രീതിയിൽ അമ്പലത്തിലാട് കിന്റാർ പാങ്കി അവൻ ആട്ടം കണ്ട് നാട്ടം കൊണ്ടേൻ പാങ്കിമാറി അവൻ നർത്തനം ചെയ്യുന്നത് കണ്ട് ഞാൻ അവനോട് പ്രേമം ഒന്നു എനിക്ക് അവനോട് എനിക്ക് പ്രിയം പ്രേമം ഉണ്ടായി അവന്റെ എനിക്കും ജാതക പൊരുത്തോ ഉണ്ടോ എന്ന് നോക്കി പറയൂ അവനും എനിക്കും ജാതക പൊരുത്തം ഉണ്ടോ എന്ന് നോക്കി പറയൂ എന്നൊക്കെ പറഞ്ഞ അവസാനം കൊണ്ടുകുലം പേശുവാറോ പങ്കിമാറി അന്ത സ്ത്രീയെ ഏത്തം എല്ലാ ആശ കാട്ടി തൻ വശപ്പെടുത്തിണ്ട് എല്ലാ അനപ്പുറം നീ എന്താ കുലം കേട്ടിരിക്കും എന്താ ജാതി കൊണ്ട് കുലം പേശുവറോ പാങ്കിമാറേ എല്ലാം തൻ വശപ്പെടുത്തി അപ്പുറം നീ എന്താ കുലം കേട്ടാ അത് എന്നെ തൻ്റെ വശപ്പെടുത്തി കഴിഞ്ഞു തന്റേതാക്കി കഴിഞ്ഞു എന്നിട്ട് ഇപ്പൊ നീ ഏത് നിനക്ക് എന്താ യോഗ്യത എന്താണ് നോക്കി ചോദിച്ചാൽ എന്തിനാ എന്താ അർത്ഥം അപ്പൊ അതുപോലെ ആദ്യം ഭഗവാൻ അങ്ങോട്ട് ഈ ജീവന് അനുഭൂതി കൊടുത്ത് അനുഭൂതി കൊടുത്ത് കഴിയുമ്പോ ഈ ജീവന് ഏത് സെന്ററിൽ നിന്നും അനുഭൂതി പെരുന്നുവോ ആ സെന്ററിൽ ഉണ്ടാവുന്ന ഒരു ശരണാഗതി ഒരു ഭാവബന്ധം ആ ഭാവബന്ധത്തിന് പേരാണ് ഭക്തി അപ്പൊ യഥാർത്ഥത്തിൽ മീറ ബായിക്ക് കൃഷ്ണനോട് ഭക്തി അതാണ് അല്ലാതെ ഭക്തി ഉണ്ടാക്കിയ ഭക്തിയല്ല ആ കൃഷ്ണവിഗ്രഹം എവിടെയെങ്കിലും ഈ ജീവൻ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ തന്റെ അഹങ്കാരമാവുന്നത് കൊളുത്ത് എവിടെയാണ് ഇടേണ്ടത് എന്നിങ്ങനെ ഒരു സെന്റർ തെരഞ്ഞുകൊണ്ട് നടക്കും എവിടെങ്കിലും ഒരിടത്ത് ആ കൊളുത്തിട്ടിട്ട് ശരണാഗതി ചെയ്ത് ഇല്ലാതാവാൻ ആയിട്ട് നടക്കും ഈ ജീവൻ ആ ജീവന്റെ പരിപാകത്തിനും ഉപാധി ധർമ്മത്തിനും എത്രയോ കടന്നു വന്നതിനുമൊക്കെ അനുസരിച്ച് എവിടെങ്കിലും ഒരിടത്ത് ഒന്ന് കിട്ടിയാൽ കൊളുത്തിട്ടും പിന്നെ ആ കൊളുത്തിട്ട സ്ഥലത്തുള്ള പ്രതിബദ്ധത ഭാവബന്ധത്തിന് പേരാണ് ഭക്തി അപ്പോഴവിടെ ഭക്തിക്ക് അർത്ഥമുള്ളൂ അല്ലെങ്കിൽ ഭക്തിക്ക് ഒരു അർത്ഥമില്ല ഈ മീറ എത്രയോ ജന്മങ്ങൾ പരിപാടപ്പെട്ട ആ ജീവൻ എവിടെയോരിടത്ത് ശരണാഗതിക്ക് കാത്തോ കാത്തുകൊണ്ടിരുന്ന കുട്ടിക്ക് ഒരു കൃഷ്ണവിഗ്രഹത്തിനെ കൊണ്ട് കൊടുത്തപ്പോൾ അതിനങ്ങട്ട് ശരണാഗതി ചെയ്തു എത്രയുള്ളൂ ഗുരുവിന് അത്രേ അർത്ഥമുള്ളൂ ഗുരുന്ന് നോക്കി നമ്മൾ പറയണതിനും അത്രേ അർത്ഥമുള്ളൂ ഏതെങ്കിലും ഒരു സ്ഥലത്ത് തന്റെ അഹങ്കാരത്തിനെ കൊണ്ടുപോയി കളയണം അത് മിഴുങ്ങാനുള്ള ഒരു സെന്റർ വാസ്തവത്തിൽ മിഴുങ്ങാനുള്ള സെന്ററും പുറത്തല്ല പക്ഷേ ഈ ജീവൻ ബുദ്ധിയൊന്നും പരിപാകപ്പെടാതെ തന്നെ ഞാനിയാവും അപ്പൊ പരിവാ മിഴുങ്ങാൻ തന്നെ മെഴുങ്ങാനുള്ള ഒരു സെന്റർ പുറത്തില്ല എന്നൊന്നും ഈ ജീവൻ അറിയില്ല മിഴുങ്ങലും ഒക്കെ അകത്ത് തന്നെയാണ് നടക്കണത് പക്ഷെ പുറത്തൊരു എന്തിനോന്നെ ആശ്രയിച്ച് അതാണ് എന്നെ ശരണാഗതി ചെയ്യിപ്പിച്ചത് ആ കേന്ദ്രത്തിലാണ് എനിക്ക് അടക്കം ഉണ്ടായത് അതാണ് ഗുരു അല്ലെങ്കിൽ അതാണ് ഭഗവാൻ അതാണ് എന്റെ ഇഷ്ടദൈവം ഏതോ ഭാവത്തിൽ ആ ഒരു കേന്ദ്രത്തിലേക്ക് വരുമ്പോ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുന്നു ആ നഷ്ടപ്പെടുത്തി കഴിയുമ്പോ പിന്നെ ആ വസ്തുവിനോടോ ആ രൂപത്തിനോടോ ഉള്ള ബന്ധമാണ് ഈ ജീവനെ പൂർണ്ണം ചെയ്യുന്നത് ചൈതന്യ മഹാപ്രഭുവിനും അത് തന്നെ മാണിക്യവാചകർക്കും അപ്പർ സ്വാമികൾക്കും അത് തന്നെ ജ്ഞാനസംബന്ധർക്കും അത് തന്നെ ഏതോ ഒരു സംബന്ധം ചിലപ്പോ ഭാവനാമയമായ മണ്ഡലത്തിലും മണ്ഡലത്തിലുമായിരിക്കാം ഏതോ ഒരു മണ്ഡലത്തിൽ അന്തര്യാമി ഏതോ ഒരു രൂപം ധരിച്ചു പുറത്തു വന്ന് ഈ ജീവനെ സ്വയം അടക്കി കബളനം ചെയ്യും കബളനം ചെയ്യാന്ന് വെച്ചാൽ വിഴുങ്ങാം കബളിത ഘനവിശ്വരൂപ ആദ്യ ശ്ലോകത്തില് കബളിതഘന കബളനം എന്ന് വെച്ചാൽ വിഴുങ്ങിതനവിശ്വരൂപ ഈ ജീവന്റെ വാസനയുടെ വിസ്താരമായിട്ടുള്ള ജഗത്തിനെയും ജീവാഹന്തയെയും സംസാരദുഃഖത്തിന്റെ ഹേതുവിനെയും ഒക്കെ തന്നെ വിഴുങ്ങിക്കളയാ അതാണ് കബളനം ആ കബളനം ചെയ്യുന്ന ആ മണ്ഡലം ആ കേന്ദ്രം ആ കേന്ദ്രമാണ് ഇവിടെ കൃപയെ പ്രവഹിപ്പിക്കുന്നു എന്ന് പറയണത് എല്ലാവർക്കും ഒരു സ്ഥലം പറ്റില്ലല്ലോ ഓരോ ജീവനും എത്രയോ ജന്മങ്ങളായിട്ടുള്ള സംബന്ധപ്പെട്ടതിനനുസരിച്ചിട്ടുള്ള ഒരു കേന്ദ്രത്തിലാണ് തന്നെ ഇല്ലാതാക്കുന്നത് അവിടെ അതിന് ഗുരുവെന്നോ ഇഷ്ടദൈവം ചിലരൊക്കെ ഏതെങ്കിലും മൂർത്തിയെ ആശ്രയിച്ചു കൊണ്ട് അത് ചെയ്യുമ്പോൾ ആ മൂർത്തി ഇഷ്ടദൈവമായിട്ട് ഗുരുവാകുന്നതിന് പകരം ദൈവമായിട്ട് മാറണു അത്രയുള്ളൂ പക്ഷെ ഗുരുതത്വം തന്നെയാണത് രമണ മഹർഷിക്ക് അരുണാചലം ഇഷ്ടദൈവമല്ല ഗുരുവാണ് കുറ്റമുച്ച അരുത്തനെ ഗുണമായി പണിത്താൾ ഗുരുവായി ഒളിർ അരുണാചലം അരുണി തിരുവണാമലയിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു സിദ്ധനാണ് അരുണഗിരിനാഥസ്വാമികൾ അരുണഗിരിനാഥസ്വാമികൾക്കും പരമലൗകികനായിട്ട് നടന്ന ആളായിരുന്നു അത്ര അദ്ദേഹം പറയാൻ കൊള്ളാത്ത രീതിയിൽ അവസാനം താൻ ചെയ്ത മഹാഭാപങ്ങളൊക്കെ തോന്നിയിട്ട് ഇനി ഈ ജീവിക്കുകയേ വേണ്ട എന്ന് തീരുമാനിച്ച് അരുണാചലേശ്വര ക്ഷേത്രത്തിൽ കിളിഗോപുരം വള്ളാളർ മഹാരാജ ഗോപുരത്തിൽ കയറി മുകളിൽ കയറിയിട്ട് ആ ഗോപുരത്ത് നിന്ന് ചുവട്ടിലേക്ക് മുരുക എന്ന് പറഞ്ഞുകൊണ്ട് തലകീഴായിട്ട് വീണു വീണ സ്ഥലത്ത് എന്നയാണ്ടാനോ പൊരുളാവത് ഷൺമുഖനേ അവിടെ ഒരു ആൾക്കൊള്ളൽ ഉണ്ടായി യാനാകിയ വെറും താനായിരുന്നത് തത്പരമേ യാനാകിയ എന്നെ വിഴുങ്കി ഞാൻ എന്ന് പറഞ്ഞിരുന്ന് ഈ ദീവാഹന്തയെ എടുത്ത് വിഴുങ്ങിക്കളഞ്ഞ് വെറും താനായി താൻ താനായി ഒരു വസ്തു അവിടെ പ്രകാശിച്ചു പൂർണ്ണമായ ഒരു വസ്തു അവിടെ പ്രകാശിച്ചു ഉപദേശം ചെയ്തു എന്താ ഉപദേശം ചുമ്മാ ഇരുന്ന് പറഞ്ഞു ഉള്ളൂ ചുമ്മാ എന്ന് പറഞ്ഞതും അനുഭൂതി പിരന്തേ പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു അനുഭൂതി ഉണ്ടായി എന്നാണ് അതിനെങ്ങനെ പറഞ്ഞറിയിക്കും അങ്ങനെ ഒരു അനുഭൂതി ഉണ്ടായി ആ അവിടെ അദ്ദേഹം ആ തത്വത്തിനെ തന്നെ വിഴുങ്ങിയ തത്വത്തിനെ സുബ്രഹ്മണ്യനായിട്ട് ഐഡന്റിഫൈ ചെയ്തു മുരുകനായിട്ട് ഐഡന്റിഫൈ ചെയ്തു അതുകൊണ്ട് പരമ്പ പിന്നീട് മുഴുവൻ ആ മുരുകനായിട്ടാണ് ആ സ്തുതി മുഴുവൻ ചിലർ ശിവനായിട്ട് അതിനെ കാണുന്നു ചിലർ മുരുകനായിട്ട് കാണുന്നു ചിലർ കൃഷ്ണനായിട്ട് കാണുന്നു ചിലര് ഗുരു ആയിട്ട് കാണുന്നു ഏതോ ഒരു എന്ത് പേരിൽ കണ്ടാലും ആ ഒരു തത്വം ആ തത്വം ഈ ജീവനെ സകല ദുഃഖങ്ങളെയും ഇല്ലാതാക്കി തീർത്ത് പൂർണ്ണം ചെയ്യുമ്പോ ആ കൃപയെ ചിന്തിച്ച് ജീവൻ സ്വയം താനില്ലാതാവലാണ് അതാണ് ആദ്യം ഈ പഞ്ചരത്നം തുടങ്ങുമ്പോൾ കരുണാപൂർണ സുധാബ്ധേം കബളിത ഘനവിശ്വരൂപം ഈ വിശ്വത്തിനെ മുഴുവൻ വിശ്വം എന്ന് വെച്ചാൽ വെറുതെ ലോകം എന്ന അർത്ഥം പറഞ്ഞാൽ പോലിതം ഘനം വിശ്വസ്യൂപം നിജാരുണപ്രഭാപൂരം അജ്ജദ്മണ്ഡല നിജാരുണപ്രഭാപൂരംജദ് ബ്രഹ്മാണ്ട മണ്ഡലം ഈ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് മുഴുവൻ ചിത് ശക്തിയാണ് ഭഗവാന്റെ കൃപാശക്തി എന്ന് നമ്മൾ പറയണല്ലോ ആ കൃപ ഈ ആ കൃപയ്ക്ക് പേരാണ് അംബിക വൈഷ്ണവ സമ്പ്രദായത്തിൽ രാധ എന്ന് പറഞ്ഞാലും ശൈവത്തിൽ ഗൗരി അല്ലെങ്കിൽ ലളിതാ പരമേശ്വരി അല്ലെങ്കിൽ ശാരദാ പരമേശ്വരി എന്ന് പറഞ്ഞാലും സരസ്വതി എന്ന് പറഞ്ഞാലും ഈ ശക്തി ഒന്നാണ് ഈ ശക്തിയെ നമ്മൾ സിംബളൈസ് ചെയ്ത് പേര് കൊടുത്ത് അതിന് കല്യാണവും കഴിച്ചൊക്കെ വയ്ക്കുമ്പോൾ കുറെ കഴിയുമ്പോൾ അതിന്റെ ഒറിജിനൽ ഫോം നമുക്ക് നഷ്ടപ്പെട്ടു പോയി വഷമാവുകയാണ് ലളിത എന്നുള്ളത് ആ പരമേശ്വരനിൽ നിന്ന് ഒരിക്കലും വിട്ടുപിരിയാത്ത ശക്തിയാണ് സൗന്ദര്യലഹരിയിൽ ആചാര്യസ്വാമികൾ പറയുന്നു കാ എന്തോ ഒരു വെളിച്ചം തുരിയ മണ്ഡലത്തിൽ നിന്ന് വേറുപിരിയുകയും അത് അത്യധികം കളങ്കപ്പെടുമ്പോൾ മനസ്സായി തീരുകയും അത്യധികം ശുദ്ധമാവുമ്പോൾ ചിശക്തിയായി തീരുകയും ചെയ്യുന്നു ഒരേ വസ്തു തന്നെ ോടുകൂടിയ ഒരു ശക്തി പരമേശ്വരനിൽ നിന്നും അഭിന്നയായിട്ട് നിൽക്കണം അപ്പൊ ആ ശക്തിയാണ് നിജാരുണപ്രഭാപൂരമജ്ജദ് ബ്രഹ്മാണ്ട മണ്ഡല തന്റെ അരുണപ്രഭ സുവർണപ്രഭ കൊണ്ട് ബ്രഹ്മാണ്ടത്തിന് മുഴുവൻ വിഴുങ്ങിക്കളയുന്നു എന്നാണ് അകമയ്ക്ക് ആ അനുഭൂതി ഉണ്ടാകുമ്പോൾ ബ്രഹ്മാണ്ടമില്ലാതായി തീരാണ് നിജാരുണ പ്രഭാപൂർവമജദ് ബ്രഹ്മാണ്ട മണ്ഡലമായിട്ടുള്ള ആ കൃപയാണ് ഇവിടെ കപളിത ഘനവിശ്വരൂപ അരുണാചല പരമാത്മൻ അരുണാചല രൂപത്തിലുള്ള ഹേ പരമാത്മൻ അവിടുന്ന് കരുണയുടെ സമുദ്രമാണ് അവിടുന്ന് വിശ്വത്തിനെ മുഴുവൻ ഇല്ലാതാക്കി തീർത്തു എന്നെ സംബന്ധിച്ച് വിശ്വമില്ല ഇവിടെ ഭഗവാനേ ഉള്ളൂ എങ്ങനെ അത് സംഭവിച്ചു അകമേ ഉള്ള അന്തര്യാമിയായി ഹൃദയത്തിൽ സാക്ഷി മാത്രമായി ബോധസ്വരൂപത്തിൽ സത്തയായി ഹൃദയത്തിൽ പ്രകാശിക്കുന്ന അഹം അഹം അഹം എന്നും ഹൃദയത്തിൽ നർത്തനം ചെയ്യുന്ന ആ ശിവൻ പുറമേക്ക് ചിപ്രഭാഹം കൊണ്ട് കബളനം ചെയ്തു എന്നാണ് എന്നുവെച്ചാൽ ശരീരമില്ല പ്രപഞ്ചമില്ല മനസ്സില്ല വ്യക്തിബോധമില്ല കേവലമായ സച്ചിദാനന്ദം മാത്രം നിൽക്കുന്ന അനുഭൂതി വിശേഷത്തിനെ തീർത്തു കബളിത ഘനവിശ്വരൂപ എങ്ങനെ കബളനം ചെയ്തു കിരണാവല്യാ സൂര്യന്റെ കിരണങ്ങൾ വെളിച്ചം മുഖത്തേക്ക് ഒന്നും അറിയില്ല അതുപോലെ കിരണാവല്യാ അരുണാചല പരമാത്മൻ ഇനിയിപ്പോ ആ കിരണം എന്തുവേണം അരുണോഭവൻ സൂര്യന്റെ അരുണകിരണമായി തീരട്ടെ എന്തിനാ ചിത്ത കഞ്ജ സുവികാസായ കഞ്ചം എന്ന് വെച്ചാൽ താമര അതാണ് ഭഗവാന് കഞ്ചലോചനൻ എന്നൊക്കെ പേര് താമരക്കണ്ണാണ് കഞ്ചം താമര ഹൃദയമാവുന്ന താമര നല്ലവണ്ണം വിരിയാനായി അവിടുത്തെ കൃപയാവുന്ന കിരണം എന്റെ ഹൃദയ താമരയിൽ വീഴട്ടെ അതിപ്പോ കൂമ്പി ഇരിക്കുക നല്ലവണ്ണം വിരിയാനായിട്ട് ആ കിരണം ഹൃദയ താമരയിൽ വീഴട്ടെ അരുണാചല പരമാത്മൻ അരുണോഭവ ചിത്ത കഞ്ച സു വികാസായ ഇത്രയും പറഞ്ഞു പ്രഥമ ശ്ലോകം ആദ്യത്തെ ശ്ലോകത്തിൽ ഭക്തി രണ്ടാമത്തെ ശ്ലോകത്തിൽ അരുണാചലത്തിന്റെ പരമാത്മ സ്വരൂപത്തിനെ വർണ്ണിച്ച് സ്ഥാന നിർണയം ചെയ്യാണ് എവിടെയാണ് ഭഗവാനെ അനുഭവിക്കേണ്ടത് എങ്ങനെ അനുഭവിക്കും പിന്നെ സാധനയെ കാണിക്കാണ് അങ്ങനെ ഓരോ തലമായിട്ടാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ സാധനയെ കാണിക്കുകയാണ് ശ്ലോകവും സാധനയാണ് അഞ്ചാമത്തെ ശ്ലോകം സർവത്ര ഭഗവത് ദർശന രൂപത്തിലുള്ള പരമഭാഗവത ഭക്തിയെ അഥവാ പൂർണ്ണ ബ്രഹ്മജ്ഞാനത്തിനെ ജീവൻ മുക്തിയെ പ്രകാശിപ്പിക്കണതാണ് ഇങ്ങനെ അഞ്ച് ശ്ലോകമാണ് അരുണാചല പഞ്ചരത്നം തുടർന്ന് നാളെ കാണും അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല അഗമേ നൈപ്പവർ അഹത്തെ വേര ൂപ്പായ് അരുണാചല അഴഗ് സുന്ദരം പോലഹ മുയു മുട്ട ഭിന്നായി അരുണാചല അകം പുന്തീർത്തും അക ഗൗഹയായ അമർവിത്തൊഴ അരുണാചല ആറ് കാവനാണ്ടീഡിൽ അഖിലം പഴിത്തിടും അരുണാചലാം ഇപ്പഴിത പുനയേ നിത്തായ് ഇനി യാർ വിടുവർ ും അരിതരുൾ പുനത അരുണാചലാംയേ മാറ്റി ഓടാതുള്ളത്തിൻ്റെ ഉറദിയായിരപ്പായ് അരുണാചലാം ഊർ സൂറ്റുള്ളം വീടാതെ കണ്ടടങ്ങിട ൈക്കാട്ട് അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല യത്മാവസി ത്വമേ തോന്നും മമ കിഞ്ചിദി യഥേഷ്ടുരുമാതൈ റം ആത്മനം ഭജ